അവർ പറഞ്ഞു ഞങ്ങളുടെ ജനതയെ മൂസ അലിഹിസ്ലാമിനു ശേഷം അവതരിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടു അത് തനിക്ക് മുൻപിലുള്ളതിനെ സത്യപ്പെടുത്തുന്നതും സത്യത്തിലേക്കും നേരായ മാർഗത്തിലേക്കും വഴി നടത്തുന്നതുമാണ്